ൂത്രേണ ബ്രഹ്മജ്ഞാനം പ്രതി ഉയതയു സാരം പറയും ഏതേന സൂത്രം എന്ന് വെച്ചാൽ അധാതോ ബ്രഹ്മജിജ്ഞാസ എന്നുള്ള സൂത്രമുണ്ട് ബ്രഹ്മജ്ഞാനം പ്രതി ഉപായതയാ ബ്രഹ്മജ്ഞാനത്തിന് ഉപായമായിട്ട് സാധനമായിട്ട് മീമാംസാധ്യ മീമാംസയാണ് പറയുന്നത് വിചാരം അപ്പോ അതാത് ബ്രഹ്മജിജ്ഞാസ എന്നൊരു സൂത്രം എന്താ പറയുന്നത് ബ്രഹ്മജ്ഞാനത്തിന്റെ ബ്രഹ്മജ്ഞാനത്തിനുള്ള വഴി വിചാരമാണ് ബ്രഹ്മവിചാരം എന്നാണ് പറയുന്നത് അതിനെയാണ് അത് മുഴുവൻ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മവിചാരം കൊണ്ട് ബ്രഹ്മജ്ഞാനം മയ മതിയരുവാൻ മനനം തുടർന്നിട്ടുണ്ട് ഇത് നിരന്തരം പറയുന്ന കാര്യമാണ് മനനം ചിന്ത ചെയ്ത് ഓർക്കുക ഓർക്കുക ഇതെല്ലാം പറയുന്നത് വിചാരത്തെയാണ് ഇതിനത്തിന് വേണ്ടി വിചാരം വിചാരണ എന്നും പറയും വിധിയുക്തം ഇതും പറഞ്ഞു കഴിഞ്ഞു തദയുക്തം പറയും പൂർവോക്ഷം അതൊന്നും ശരിയല്ല ബ്രഹ്മവിചാരം കൊണ്ട് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഈ അഭിപ്രായം ശരിയല്ല എന്നാ ആരോ പറയുന്നു സിദ്ധാന്തത്തോട് യോജിക്കാത്തയാളാണ് പൂർവ്വപക്ഷി എന്തുകൊണ്ട് വികല്പ അസഹത്വമാണ് വികല്പച്ച ചോദ്യം ആ ചോദ്യത്തിന് പര്യാപ്തമായ മറുപടി ഇല്ലാത്തത് കൊണ്ട് ചോദ്യ സഹിക്കാൻ പറ്റില്ല ചോദ്യത്തിന് മറുപടിയില്ലായിരിക്കും അദ്വൈതത്തിനും നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കും അനുവദിക്കുന്നുണ്ട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താണ് ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും ചോദ്യങ്ങൾ ചോദിക്കും നിരന്തരം ചോദ്യം ചോദിക്കാം പക്ഷെ ഒരു പ്രശ്നം മാത്രം എന്താണോ ബ്രഹ്മം എന്ന് പറയുന്നവരടുത്ത് എത്തി കഴിഞ്ഞാ പിന്നെ ചോദ്യം പാടില്ല അതുവരെ ബ്രഹ്മത്തിന് ചോദ്യം ചോദിച്ച് ഭക്ഷണാകാൻ ്രഹ്മം എന്ന് പറയുന്നത് പിന്നതാണ് അങ്ങനെ ഒന്നുണ്ട് അത് അംഗീകരിക്കുകഴിഞ്ഞാ പിന്നെ ചോദ്യം പാടില്ല പിന്നെ ചോദ്യം ചോദിക്കാൻ പാടില്ല ബ്രഹ്മം എങ്ങനെ ബ്രഹ്മം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല കംപ്ലീറ്റ് നോളജ് എന്നൊക്കെ പറയുന്നതാണ് പക്ഷെ അതിനകത്ത് വലിയൊരു അപകടം ഉണ്ട് എന്താണ് എൻക്വൈ അതായത് മനുഷ്യൻ അറിയുന്നിടത്തോളം കാലം അവന്റെ ഉള്ളിൽ ചോദ്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇനി മനുഷ്യനെത്രമിച്ച അവന്റെ ഉള്ളിൽ അറിവുണ്ടാകുമോ ചോദ്യം ഉണ്ടാകും അപ്പൊ ഏതെങ്കിലും ഒരു അറിവിനെ വെച്ച് നിർത്തരുത് ഇനി ചോദ്യം ചോദിക്കരുതെന്ന് പറഞ്ഞാൽ അത് അവന്റെ ചോദ്യങ്ങളെ തടഞ്ഞാൽ അവന്റെ അറിവിനെ തടയാണ് മുമ്പോട്ട് പോവാൻ കഴിയും അവന്റെ അറിവിനെ തടയും അങ്ങനെ അറിവിനെ തടയാൻ പാടില്ല അറിവുണ്ടോ ചോദ്യങ്ങളോ ഉണ്ടാവും ഇനി എന്ത് സമാധാനം പറഞ്ഞാലും ശരി അതാണ് മനുഷ്യന്റെ ബുദ്ധിയുടെയും അറിവിന്റെയും മേന്മ അതാണ് ചോദിക്കാം എന്നും അറിയാം അല്ലാതെ ഈ കൂമ്പടച്ചു കളയുന്ന അറിവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷം ചെയ്യുന്ന അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അത് എന്നോടെയും പറയുന്നു ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ഉത്തരം പറയാൻ പഴയത്തില്ല എന്താണ് ആ ചോദ്യം തത് പുനർബ്രഹ്മ അവിടെ മുതലാണ് തുടക്കം വരുന്നത് തത് പ്രസിദ്ധം അപ്രസിദ്ധം വ ആ ബ്രഹ്മത്തെ നിങ്ങൾ അറിയുന്നു അറിയുന്നില്ല വേദാന്തേഭ്യോ അപൌരുഷേയതയ അടുത്ത തട്ടിപ്പ് വന്നു സ്വതസിദ്ധപ്രമാണേഭ്യസിദ്ധം വാസ്യ ഇത്തരം ചില ഈ തട്ടിപ്പുകൾ വരുന്നതാണ് ഈ വേദാന്തത്തിന്റെ ശോഭകരുത്തിക്കളയത് ആൾക്കാർ എന്താണ് ഇത് തിരിച്ചറിയാവുന്ന കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മടെ ഡിപ്രഷൻ ബാധിക്കും എന്താണ് വേദാന്ത വേദാന്തപ്രമാണമാണ് അപൌരുഷയാണ് എന്ന് പറഞ്ഞാ എന്താ എന്റെ അർത്ഥം ശ്രമിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയെന്നാണോ പുരുഷ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയെന്നാണ് മനുഷ്യൻ നിർമ്മിച്ചതല്ല വേദം മനുഷ്യൻ നിർമ്മിച്ചതല്ല പഴയ ആദിവാസികൾ പാടിയ പാട്ടിനെ കുറിച്ചാണ് പറയുന്നത് ഇത് മനുഷ്യണ്ടാക്കിയല്ലീകരിക്കില്ല ആദിവാസികൾ ഉണ്ടാക്കിയത് മൊത്തം ആ ഖുറാൻ ഇറങ്ങിക്കൊടുത്ത് ബൈബിൾ ഇറങ്ങി ബൈബിൾ ക്രിസ്തുവിന് മുന്നൂറി കൊല്ലം കഴിഞ്ഞിട്ട് പക്ഷെ അതിന്റെ മൂർത്തിനായിട്ട് ചെറിയ ഇതെല്ലാം അപൂർഷീമെന്നാ പറയുന്നത് ദൈവവചനം ഈ എന്താണോ ഇതുണ്ടോ പുതിയ നിയമം പുതിയ നിയമം ക്രിസ്തു പറഞ്ഞത് തന്നെയാണ് അത് ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നുണ്ട് നഷ്ടപ്പെടുന്നു അല്ല അതെന്തുമായി കൊള്ളോട്ടെ അതിപ്പോ അതെന്തോ ആയുൾട്ടെ ക്രിസ്തു പറഞ്ഞാണല്ലോ അതിനെ കൂട്ടിച്ചേർക്കല് അല്ല അത് അതെന്തോ ആയുകൾട്ടെ അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു ക്രിസ്തു പറഞ്ഞ കാര്യമാണെങ്കിലും അത് ദൈവ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവമാണ് ദൈവപുത്രൻ എന്ന് പറയുമ്പം സ്റ്റാറ്റസ് അപ്പോ അത് ദൈവവചനമാണ് പഴയ നിയമത്തിലാണെങ്കിൽ ദൈവം നേരിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ദൈവം നേരിട്ട് തന്നെ പറയുന്നത് അപ്പോ വേദമെന്ന് പറയുന്നതും ദൈവം പറഞ്ഞതാണ് വേദം ദൈവം പറഞ്ഞതാണ് എന്നാര് പറയുന്നു പക്ഷെ വേദം ദൈവം പറഞ്ഞതാണെന്ന് ഈ പുരോഹിതന്മാർ പറഞ്ഞപ്പോ ഈ പുരോഹിതന്മാരെ അറിയാതെ ഒരുപാട് അബദ്ധമാതി സംഭവിച്ചു കാരണം ആൾക്കാരെ എത്ര സമർത്ഥമായി പറ്റിച്ചാലും സമർത്ഥന്മാരെ പറ്റിക്കാൻ കുറച്ച് പ്രയാസമാണ് അവർ പറഞ്ഞ ദൈവം പറഞ്ഞാണെന്ന് പക്ഷേ ദൈവം പറഞ്ഞാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു വായിച്ചാൽ അതായത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞു ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം നമ്മളൊക്കെ വീട്ടിലൊക്കെ പറയുന്നില്ല വിശ്വാസം വീട്ടിലൊക്കെ സാറിന് പറയാറുണ്ട് എന്താണ് മക്കളോട് എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അമ്മമാര് പറയുന്ന എന്റെ അച്ഛൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോ അനുസരിക്കണം അതുപോലെ എന്താണ് ദൈവം പറഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠിക്കും അപ്പോ ഈ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ ആർക്കാ ഗുണം വരുന്നത് എന്തുകൊണ്ട് അതായത് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞാലും ശെരി ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞാലും ശെരി രണ്ടു വിഷയങ്ങളായിരുന്നു കർമ്മവും ബ്രഹ്മവും രണ്ടിനെ കുറിച്ച് പറഞ്ഞാലും ഇതിന്റെ ഗുണഭോക്താവ് പ്രധാന ഗുണഭോക്താവ് എന്ന് പറയുന്നത് പുരോഹിതനാണ് പുരോഹിതനാണ് അതിന്റെ പ്രധാന ഗുണഭോക്താവ് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് അത് ദൈവം പറഞ്ഞതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ മീമാംസകരെന്ന് പറയുന്ന കുട്ടികളുണ്ട് അതിന് അവര് ആദ്യകാലത്തൊക്കെ പറഞ്ഞിരുന്നത് ഇത് ദൈവം പറഞ്ഞതെന്നല്ല അവര് അവർക്ക് ദൈവം ഇല്ലായിരുന്നു അവര് പറയുന്നത് ഇത് അനാദിയായിട്ട് ഇങ്ങനെയുള്ളതാണ് ആരും പറഞ്ഞതെന്നുമല്ല അനാദിയാണ് എന്ന് പറഞ്ഞു അനാദി എന്ന് പറയുമ്പോൾ അവര് പറഞ്ഞതെന്താണ് ഇത് സ്വതപ്രമാണമാണ് സ്വതപ്രമാണെന്ന് വെച്ചാ എന്ന് പറഞ്ഞെന്താണ് അതായത് ഇപ്പം നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം പറയണം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യം ഇപ്പം നമ്മൾ യൂട്യൂബില് ഒരുപാട് കാര്യം കേൾക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ കേൾക്കുന്നുണ്ട് മറ്റിടത്തുണ്ട് മറച്ചവുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള് പലർക്കും ഇത് സ്വതപ്രമാണമാണ് എന്നുവെച്ചാൽ കേട്ടത് അതുപോലെ അങ്ങ് വിശ്വസിക്കും ഇപ്പൊ യൂട്യൂബിലും അവിടെ സ്ഥിരം ഒരു വാർത്തയാണ് ലോക്ക്ഡൌൺ വരാൻ പോകുന്നു ഇത് കേൾക്കുമ്പോ ഒരുപാട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇതങ്ങ് വിശ്വസിക്കുകയാണോ അതാ ലോക്ക് ഡൗൺ വരാൻ പോകും ലോക്ക്ഡൌൺന്ന് പറയുന്ന എന്തിനു വന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഇതിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല ആൾക്കാരങ്ങ് വിശ്വസിക്കുകയാണ് ലോക്ക്ഡൌൺ വരാൻ പോവുകയാണ് അപ്പോ എന്താണ് സ്വതപ്രമാണം അത് കേട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുവച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം അതാണ് സ്വതപ്രമാണെന്ന് പറയുന്നത് യൂട്യൂബിൽ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങള് വിശ്വസിക്കും അപ്പൊ ഇന്നത്തെ ഈ മണ്ടന്മാരായ ആൾക്കാരും ഈ സ്വതപ്രമാണത്തെ അംഗീകരിക്കുന്നുണ്ട് എങ്കിലൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ചോദ്യം ചെയ്യാതെ ആ പറയുന്നതിനെ അംഗീകരിക്കുന്നതിനാണ് ഈ സ്വതപ്രമാണമെന്ന് പറയുന്നത് അപ്പൊ വേദസ്വതപ്രമാണമെന്ന് പറയുന്നത് എന്താണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു യാഗം ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് അപ്പൊ യാഗം ചെയ്യണമോ വേണ്ടയോ അങ്ങനെ ചിന്തിക്കേണ്ട സ്വർഗം കിട്ടുമോ വേണ്ടയോ അതും ചിന്തിക്കേണ്ട വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യാഗം ചെയ്യണം വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സ്വർഗം കിട്ടും ഇത് അംഗീകരിക്കുന്നതിനെയാണ് സ്വതപ്രമാണമെന്ന് പറയുന്നത് ഇത് മീമാംസകരാണ് ഈ വിദ്യ കണ്ടുപിടിച്ചത് ഇത് അദ്വൈതികളും അംഗസ്വീകരിച്ചു വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മുണ്ട് അല്ല ബ്രഹ്മ ഉണ്ടായിട്ടല്ല വേദത്തിൽ പറഞ്ഞിരിക്കുന്നു ബ്രഹ്മുണ്ട് അതുകൊണ്ട് ബ്രഹ്മുണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മജ്ഞാനം കൊണ്ട് മോക്ഷം കിട്ടും ശങ്കരായര് പറയുന്ന ഇതാണ് എന്തുകൊണ്ട് വേദം സ്വതപ്രമാണമാണ് അപ്പൊ ഈ ബ്രഹ്മം ബ്രഹ്മജ്ഞാനം ഇതൊക്കെ ഇത്രയും പ്രചരിച്ചത് ഈ ഒരു വാദത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മമുണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മജ്ഞാനം കൊണ്ട് മോക്ഷം ഉണ്ടാവും ഇതാണ് ശങ്കരായ നിലപാട് അപ്പൊ ശങ്കരായർ പറയുന്നെന്താണ് ശരി വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മമുണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മോക്ഷമുണ്ടെന്നൊക്കെ നിങ്ങളെന്താ അടിസ്ഥാനത്തിൽ പറയുന്നു മനുഷ്യങ്കരായ പറയുന്നത് വേദം ദൈവം പറഞ്ഞാണ് വേദം ദൈവത്തിന്റെ വാക്കാണ് അപ്പോ അതി പറഞ്ഞിരിക്കുന്ന ദൈവം പറഞ്ഞെങ്കിൽ ദൈവമാണ് പറയുന്നത് വേദത്തിൽ ബ്രഹ്മം ഉണ്ടെന്ന് ഉണ്ട് ദൈവമാണ് പറഞ്ഞിരിക്കുന്ന ജ്ഞാനം കൊണ്ട് മോശം കിട്ടുന്നു ഉണ്ട് അപ്പോ ഇതിനെ ശങ്കരാചാര്യർ പ്രചരിപ്പിച്ചത് ആരെങ്കിലും അനുഭവമായിട്ടാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക അനുഭൂതി ഉണ്ടാവുമെന്നോ അത് അല്ലെങ്കിൽ അതുകൊണ്ട് വിചാരിക്കണമെന്നോ വിശ്വസിക്കണമെന്നോ പ്രവർത്തിക്കണമെന്നോന്നുമല്ല മറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നു ദൈവം പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിനെ സ്വീകരിക്കണം ഇതാണ് പൗരോഹിത്യ കുതന്ത്രമെന്ന് പറയുന്നത് പക്ഷെ ഇവരറിയാത്ത പല വിനകളും അതിൻ്റെ ഇങ്ങനെ പറയുന്നില്ല എന്താ ഒരു പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം ഇല്ല പ്രശ്നം എന്താന്ന് ചോദിച്ച പ്രശ്നം ഇല്ലെന്നോർക്കും എന്താണ് ചോദിച്ചത് ഗുരുതരമായ പ്രശ്നം അതിനകത്തുണ്ട് ദൈവം പറഞ്ഞു വേണമെന്ന് പറയും ഏറ്റവും പ്രധാനമായ വിഷയം ദൈവം എവിടെ അതൊന്നും പ്രശ്നമുണ്ട് നിങ്ങള് പറയില്ലെന്നെനിക്കറിയാം എന്നാലും ഞാൻ ചോദിക്കണം അതൊന്നുമില്ല അടക്കി ഗുരുതരമായ പ്രശ്നം അതൊന്നുമില്ല അടയ്ക്ക് അടക്കി വരിക്കാൻ വേണ്ടി നമുക്ക് വളരെ മനുഷ്യന് പ്രായോഗികമായി നേരിടുന്ന ഒരു പ്രശ്നം മറ്റേത് മദ്ഗുണന്മാർക്കും പറയാന്നുള്ളതാണ് ഇത് മനുഷ്യൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ ഗുരുതരമായൊരു പ്രശ്നം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കണ്ടിട്ടില്ലേ അതൊക്കെ ഞാൻ പറയുന്നേ ഏത് മദ്ഗുണന്മാരും പറയുന്ന ഉത്തരവെന്ന് അതായത് ഇപ്പൊ ദൈവം പറഞ്ഞു എന്ന് വെച്ചിരിച്ചോ ദൈവമാണ് പറഞ്ഞത് പക്ഷെ ഇത് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്ന ദൈവം തന്നെ പറഞ്ഞു മനസിലാക്കുന്ന മനുഷ്യൻ ദൈവം പറഞ്ഞ കാര്യം മനുഷ്യൻ മനസ്സിലാക്കുന്നു അവനെങ്ങനെ മനസ്സിലാക്കും മനുഷ്യന്റെ ബുദ്ധിയുണ്ട് മനുഷ്യന്റെ ചിന്താശക്തി ഉണ്ട് മനുഷ്യന്റെ മനസ്സുണ്ട് മനുഷ്യൻ കല്പിക്കുന്ന അർത്ഥങ്ങളാണ് അതിൽ ദൈവമല്ല ദൈവത്തിന്റെ അപ്പം പറഞ്ഞാലും ശരി മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന വാക്യങ്ങൾക്കെല്ലാം മനുഷ്യൻ കല്പിക്കുന്ന അർത്ഥങ്ങൾ അതിനുള്ളത് ദൈവം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യൻ കൽപ്പിക്കുന്നതാണ് അതുകൊണ്ട് എന്ത് വരുന്നു ദൈവം പറഞ്ഞ ഈ വാക്യങ്ങൾക്ക് മനുഷ്യർ അവർക്ക് തോന്നിയ അർത്ഥം കല്പിക്കും തോന്നിയ അർത്ഥം കല്പിക്കുമ്പോഴത്തേക്ക് എന്തു ഇത് നിങ്ങടെ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാല് ശരി മനുഷ്യൻ വിഭിന്നങ്ങളായ അർത്ഥങ്ങൾ കല്പിച്ചിട്ട് തമ്മിൽ വഴക്കൂടും തമ്മിൽ തമ്മിൽ അടിക്കും ഞാൻ പറഞ്ഞ അർത്ഥമാണ് ശരി എന്നൊരുത്ഥം പറയുമ്പോൾ മറ്റൊന്നല്ല ഞാൻ പറഞ്ഞാണ് ശരി അതുകൊണ്ടെന്തുവരുന്നു നിരവധി വ്യാഖ്യാനങ്ങളുണ്ടായി ഈ വ്യാഖ്യാനങ്ങളുടെ പേരിൽ തമ്മിലടിക്കുന്നു വഴക്കുണ്ടാകുന്നു ഇപ്പോഴുള്ള ഒരു കാലത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെ വ്യാഖ്യാനിച്ച് മീമാംസന്മാർന്ന് വെച്ചാൽ അവരുടെ ബുദ്ധിക്കനുസരിച്ച് അപ്പം അദ്വൈതി വന്നിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ വ്യാഖ്യാനം ശരിയല്ല ഇതാണ് അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത് ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എന്ത് ഗുണമുണ്ടായി അത് കഴിഞ്ഞ് ദ്വൈതി വന്നു ഇഷ്ടാദ്വൈതി വന്നു ഓരോരുത്തരും വന്നിട്ട് താർക്കികന്മാർ വന്ന് സാങ്ക്യന്മാര് വന്ന് എല്ലാവരും എന്താ പറയുന്ന അവരവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അർത്ഥം പറയും അപ്പൊ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു വിശേഷമില്ല കാരണം ഇതിന്റെ അർത്ഥം കണ്ടെത്തുന്നത് മനുഷ്യന്റെ ബുദ്ധിയാണ് ദൈവത്തിന്റെ ബുദ്ധിയല്ല ദൈവത്തിന്റെ ബുദ്ധി ഒരിടത്തും മറക്കുന്നില്ല അപ്പം ദൈവം പറഞ്ഞു എന്നോണ്ട് എന്ത് ഗുണമുണ്ടായി മനുഷ്യനെ തമ്മിൽ അവരുടെ കല്പനയ്ക്കനുസരിച്ച് അർത്ഥങ്ങൾ കണ്ടുപിടിക്കുകയും പരസ്പരം വാദിക്കുകയും തർക്കിക്കുകയും നമ്മളതാണ് ശരിയെന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർത്തു അപ്പൊ ദൈവം പറഞ്ഞത് കൊണ്ട് മനുഷ്യന് അർത്ഥം കല്പിച്ചതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ടായി എന്നാലും ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പുരവേദന്മാർക്ക് ഗുണമുണ്ടായി എന്താ ഭാഷയിലാണോ പുരോഹിതന്മാർക്ക് ഗുണമുണ്ടായ പോരാ ദൈവം പറഞ്ഞു മനുഷ്യൻ തോന്നിയ അർത്ഥം പറഞ്ഞു തമ്മിലടിയായി പക്ഷെ എന്നാലും പുരോഹിതന്മാർക്ക് എന്തുകൊണ്ട് വേറെ അർത്ഥം വേറെ ഒന്നും തോന്നുന്നില്ല എത്തിച്ചു കൊടുക്കുന്നത് കാര്യമായ അർത്ഥം തോന്നുന്നില്ല അർത്ഥമാണ് ദൈവം പറഞ്ഞു മനുഷ്യരെല്ലാം ഓരോരുത്തരും ഓരോർക്ക് അർത്ഥം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അടിയായി എന്തൊക്കെയായാലും ഗുണം എങ്ങനെയാണ് പുരോഹിതന്മാർക്ക് ഗുണമാണ് ദൈവം പറഞ്ഞു പറഞ്ഞുതീർക്കും അതൊന്നും പറഞ്ഞപ്പോ സിമ്പിളാ ഏത് പോത്താഴത്തുകാരണം പറയാം വേറെ ജോലി പുള്ളിയെ വിചാരിക്കും ദൈവത്തിനോട് എന്തെങ്കിലും പുരോഗതി അത് ശരി അതൊക്കെ ശരിയാണ് അതായത് എന്തർഥം പറഞ്ഞാലും ശെരി ഇവരെത്രയൊക്കെ തമ്മിലടിച്ചാലും ശരി നീ പറയുന്നതല്ല ശരി ഞാൻ പറയുന്നത് ശരി എന്നെല്ലാം പറഞ്ഞാലും ശരി ഓരോരുത്തരും പറയുന്ന എന്താണ് ഞങ്ങളുടെ അർത്ഥം ദൈവം പറഞ്ഞ അർത്ഥമാണ് അപ്പോ പുരോഹിതന്മാർക്ക് എല്ലായിടത്തും സ്ഥാനമുണ്ട് മനസിലായ അതായത് ഇപ്പൊ പറയാണ് വേദത്തിന്റെ അർത്ഥം ജൈമിനി പറഞ്ഞാണെന്ന് വിശ്വസിക്കുന്ന അവർ പറയുന്നത് എന്താണ് ദൈവം പറഞ്ഞാണെന്ന് കരുതുകയാണെങ്കിൽ അവരും അംഗീകരിക്കും ദൈവത്തിൻ്റെ ആണെന്ന് അവിടെയും പുരോഹിതന ലാഭമുണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ പുരോഹിതനാണ് കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി അദ്വൈനി പറയുകയാണ് ഞങ്ങളുടെ വ്യാഖ്യാനമാണെന്ന് ശരിയെന്ന് പറഞ്ഞാലും അദ്വൈനിയും പറയുന്നത് ദൈവം പറഞ്ഞ അർത്ഥമാണ് ഞങ്ങൾ പറയുന്നതല്ല ഇതിന്റെ അർത്ഥം ദൈവം പറഞ്ഞ അർത്ഥമാണ് എന്ന് പറയുമ്പോൾ അവിടെയും പുരോഹിതനാണ് മേൽക്കോയ്മേതെല്ലാം തരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയും എന്താണ് ദൈവം പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് ഇതാണ് അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പുരോഹിതനാണ് അവകാശം അധികാരം മേൽക്കോയ്മ നിയന്ത്രണം അപ്പൊ പൗരോഹിത്യ നിയന്ത്രണം എന്ന് പറയുന്നത് എപ്പോഴും ഇതിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ടായിരിക്കും സർവ ബ്രാഞ്ചുകൾ അപ്പോ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു വെറുതെ ആയില്ല ദൈവം പറഞ്ഞുകൊണ്ട് അവർ തമ്മിലടിക്കുന്നു ഓരോ സെക്ഷനിലും വകുപ്പിന് നേതാവായിട്ട് പുരോഹിതയിൽ നിൽക്കും അതാണ് അതിന്റെ ഒരു പ്രത്യേകത അതാണ് പൗരോഹിത്യ ബുദ്ധി എന്ന് സമൂഹത്തിന്റെ മേളിൽ അവരുടെ സ്വാധീനം എങ്ങനെയായാലും നിലനിർത്തും എങ്ങനെയായാലും നിങ്ങളുടെ ആധിപത്യം നിലനിർത്തും അപ്പൊ അവരുടെ അല്ല ഈ വേദത്തെ അംഗീകരിക്കുന്നവരാണ് വേദത്തെ വ്യാഖ്യാനിക്കുന്നത് വേദത്തെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞ അവരെന്താ പറയും ദൈവം പറഞ്ഞ ശരിയായ അർത്ഥമാണ് ഞങ്ങൾ പറയുന്നു അന്ന് വന്നു കഴിഞ്ഞ അവിടെ ഇത് പുരോഹിതം ഉണ്ടാക്കി വെച്ചല്ലേ ഇത് പുരോഹിതനാണ് ഉണ്ടാക്കി വെച്ചതെന്നുള്ള തടവ് തെറ്റുകൾ തെറ്റുകളോണ്ടല്ല എന്താണ് ഇത് പുരോഹിതനാണ് ഉണ്ടാക്കിയത് പുരോഹിത ആ പുരോഹിതന്റെ നേട്ടങ്ങളാണ് ഇപ്പം പുരോഹിതന്റെ മേൽക്കോയ്മയെ സ്ഥാപിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കാരണം പറയുന്നു ബ്രാഹ്മണോസ്യ മുഖമാസിറ്റവും പ്രാചീനമായ ഏറ്റവും പ്രാചീനമായ വേദമാണ് പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണോസ്യ മുഖമാസി കഴുത്തിന് മേലോട്ട് ഭാഗമുള്ളതൊക്കെ എന്താണ് ദൈവത്തിന്റെ ഭാഗം അതാണ് ബ്രാഹ്മണൻ ഇടം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ക്ഷത്രിയൻ മനസിലായ പിന്നെ കുറച്ചുകൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വൈശ്യീ മലദ്വാരമൊക്കെ ഉള്ള ഭാഗം വൈശ്യ താഴോട്ട് ഈ കാലുകൾ മലത്തിലൊക്കെ ചവിട്ടി കിടക്കുന്ന കാലുണ്ടല്ലോ അത് ശൂദ്രൻ ശൂദ്രൻ ീ തരത്തിലുള്ള വിഭജനം അതിന് എവരാണ് പറഞ്ഞുവെച്ചത് എന്നിട്ട് പറയുന്ന ഈ വിഭജനം ദൈവം പറഞ്ഞാണ് അവിടെ നോക്കുക ഉത്തമാങ്ക ശരീരത്തിന്റെ ഉത്തമാങ്കം എന്ന് പറയുന്നത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൽ ബ്രാഹ്മണനാണ് സമൂഹത്തിലെ ഏറ്റവും പൂജനീയൻ ആദരണീയൻ ശ്രേഷ്ഠൻ അധികാര സ്ഥാനത്തിരിക്കേണ്ടവൻ വരുന്നില്ലേ അവര് മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദം പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പറയണ മുഖം ബാഹു പറഞ്ഞു കഴിഞ്ഞാൽ അവര് ക്ഷത്രിയന്മാര്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ബിസിനസ്സും കൃഷിയും അവരെ സേവിക്കുന്ന ആൾക്കാരെ പാകത്തിൽ ഞാനും പറഞ്ഞത് എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ആ എന്നുവെച്ചപ്പോ ഈ മേളനോട്ടം ഉള്ളത് ബ്രാഹ്മണൻ എന്ന് വെച്ച വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അന്നത്തെ പ്രൊഫസർമാരും യൂണിവേഴ്സിറ്റി ചാൻസലർമാരും ഒക്കെ എന്താണ് ബ്രാഹ്മണരായിരിക്കണം എന്നാ പറയുന്നത് യശൂത്തിന്റെ എന്ത് ചെയ്യണം എന്തെങ്കിലും സേവകള് ചെയ്തു സേവ ചെയ്യുന്നത് എന്താണ് മോശം കാര്യമെന്താ പക്ഷെ സേവ ചെയ്യുന്ന എല്ലാവരും എല്ലാവർക്കും ചെയ്യണം അതാണ് എന്താ ശൂദ്രന് സേവ നല്ല കാര്യമുണ്ട് ശൂദ്രൻ ചെയ്യുന്ന കുഴപ്പം ശൂദ്രൻ ബ്രാഹ്മണന്റെ സേവ ചെയ്യുകയാണെങ്കിൽ ബ്രാഹ്മണൻ ശൂദ്രന്റെയും സേവ ചെയ്യണം അതാണ് സേവയുടെ സേവ മോശമൊന്നും ഉണ്ടാവില്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണോ വേദം പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ ഈ പറയുന്ന ശൂദ്രൻ സേവ ചെയ്യുന്നവനും വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം അതാണ് നീതി മനസിലായ അതായത് നീതി എന്ന് പറയുന്നത് ഇവരെന്താ പറയുന്നത് ബ്രാഹ്മണൻ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു അത് ഒരു വിഭാഗത്തിന്റെ കുറച്ചാൾക്കാരുടെ തുടങ്ങി അങ്ങനെയല്ല ബ്രാഹ്മണൻ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം അവൻ സേവയും ചെയ്യണം ആരുടെ ശൂദ്രൻ തന്നെ ശൂദ്രനും എന്ത് ചെയ്യണം വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം അവൻ എന്തു സേവയും ചെയ്യണം അതാണ് സാമൂഹ്യനീതി എന്ന് പറയുന്നത് മറ്റു നിങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിക്കുന്നതാണ് ആ പഠിക്കുകയും പഠിപ്പിക്കുകയും ബുദ്ധിജീവികളെന്ന് പറയുന്ന ഒരു പ്രത്യേക ആൾക്കാരാണ് അങ്ങനെ ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആൾക്കാരല്ല ബുദ്ധിജീവി എല്ലാത്തിനും തയ്യാറാവണം സേവ ചെയ്യുന്നവനും ബുദ്ധിജീവി ആവണം അപ്പോ അങ്ങനെയുള്ള തൊഴിൽ വിഭജനം അത് അശാസ്ത്രീയമാണ് അതാണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് അത് ദൈവം പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അത് ഇന്നും ഭാരതത്തിൽ നടപ്പിലിരിക്കുന്നത് ഇന്നും ആൾക്കാർ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു എന്താ പറയുക നമ്മുടെ കേരളത്തിൽ നോക്കി മാത്രമേ തമിഴ്നാട്ടിൽ കല്ലോടപ്പുറച്ചിലൊക്കെ ഇരിക്കുന്ന ഈ ഗ്രാമത്തിലിരിക്കുന്ന ആൾക്കാർ ഇവരെയൊക്കെ എന്ത് ബഹുമാനത്തോടെ എല്ലാ സേവനം ചെയ്തിട്ടും കഴിയുന്നു താഴെ ജാതിയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അവിടെ ഈ ദ്രാമണന്മാരെയൊക്കെ സേവ ചെയ്യുന്ന ഭയങ്കര ഭയവത്ത് കൂടി ചെയ്തോട്ടെ അവര് തിരിച്ചും ചെയ്യണം അതെ പഠിപ്പിക്കുകയും വേണം എല്ലാവർക്കും പരസ്പരം ഭയപത്തിവാനും വേണം ഇപ്പൊ ഇപ്പഴും ഈ കരട് കുറിച്ചിലൊക്കെ അമ്പലം അവിടെ ഈ കോഴിയെ വെട്ടവും ആടുവെട്ടോ ഒക്കെയാണ് അതൊക്കെ അതായത് നിങ്ങളെ ആരോഗ്യ മനസ്സിലായോ നിങ്ങളുടെ നിങ്ങൾ ആരോടെങ്കിലും പറയാണ് നിങ്ങളുടെ കാലിൽ പിടിക്കണോന്ന് പറഞ്ഞാ ഒരു തെറ്റുമില്ല നിങ്ങൾ അയാളുടെ കാലിലും പിടിക്കണം ഇത്രയുള്ള അതാണ് സാമൂഹ്യനീതി എന്ന് പറയുന്നു എന്റെ കാലില് നിങ്ങളെല്ലാരും പിടിക്കണം ഞാൻ ആരുടെ കാലേലും പിടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല എന്റെ പോളിസി അതാണ് ഞാൻ ഒരുത്തന്റെയും കാലിൽ പഠിക്കത്തില്ല എന്റെ കാലിൽ ഒരുത്തനും പിടിക്കണ്ട അതിന് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും ശരി ഏത് ശങ്കരാചാര്യൻ എന്ന് പറഞ്ഞാലും ശരി ഏത് മഠാധിപതി എന്ന് പറഞ്ഞാലും ശരി ഞാൻ ഒരുത്തന്നെയും കാല് പിടിക്കത്തില്ല എന്റെ കാലും ഒരുത്തന്നും പഠിക്കുന്നില്ല വിവരം കിട്ടവന്മാർ പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിലപരാധികൾ അതാണ് സാമൂഹ്യനീതി എന്ന് പറയുന്നത് സാമൂഹ്യനീതി അതാണ് ർക്കാരിന്റെ നിയമനങ്ങൾ വരുമ്പോൾ വലിയ ശതമാനം വല്യ സ്റ്റേഷനിലായാലും ഏറ്റവും ലോക്കലായിട്ട് മോശമായിട്ടുള്ള പണി നിയമനം നടത്തുന്നത് ഈ പിന്നോക്കാരെയാണ് ഇപ്പൊ മെഡിക്കൽ കോളേജുകളിൽ അവിടുത്തെ ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ നിയമനം നടത്തുമ്പോൾ ഇതിലുള്ള ആൾക്കാർ അതിൽ നിന്നാണ് കൂടുതൽ ഹെൽപ്പ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ അതിനൊരു പ്രധാനമായ കാരണമെന്നു വെച്ചുകഴിഞ്ഞാൽ അവിടെ ചമാർ എന്നൊക്കെ പറയുന്ന ജാതികളുണ്ട് അവരിന്നും ചെയ്തിരുന്നത് കകൂസി വൃത്തിയാക്കുക അത് ഇതുമൊക്കെയാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയിൽ അങ്ങനെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ് കാരണം അവർക്ക് ശമ്പളം കിട്ടുക ആനുകൂല്യങ്ങൾ കിട്ടും അതുകൊണ്ട് അവർക്ക് അത്തരം ഒരു ജോലി ചെയ്യുന്ന സന്തോഷമാണ് പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ വിദ്യാഭ്യാസമുള്ള തലമുറ ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് അപൂർവം ഇപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഐ എസ് കാരൊക്കെ ഉണ്ടായി ഇവരുടേല് വിദ്യാഭ്യാസം മറ്റും ഉണ്ടായിക്കഴിഞ്ഞാല് അവരുടെ ഇടയിൽ നിന്നൊരു തന്നെ വിദ്യാഭ്യാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പഠിക്ക് പോവു പോകത്തില്ല അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കുറവാണത് കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് വിദ്യകൊണ്ട് പ്രഭുത്തരാവുക എന്ന് പറയുന്നത് എന്താണ് നിങ്ങളെ വിദ്യാഭ്യാസം നേടിയിട്ട് ആത്മാദേശം പഠിക്കാനുള്ള പറഞ്ഞത് മനസിലായോ വിദ്യാഭ്യാസം നേടിയിട്ട് സമൂഹത്തിൽ മാന്യതയുള്ള തൊഴിലുകൾ ചെയ്ത് അന്തസ്സായി ജീവിക്കാനാണ് പറഞ്ഞത് ആ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഗുരു പറഞ്ഞതിന്റെ അന്തസ്സത്തെ മനസ്സിലാക്കണം ഗുരു പറഞ്ഞ് വിദ്യാഭ്യാസം ചെയ്തത് ആത്മ ദർശനമാരെ പഠിക്കാനല്ല ഗുരു എന്താ പറഞ്ഞത് വിദ്യാഭ്യാസം ചെയ്യുക മാന്യമായ തൊഴിൽ നേടുക സമൂഹത്തിലെ അന്തസ്സോടെ ജീവിക്കുക സ്പിരിച്ചല്ലാ പ്രഭുരാൻ പറഞ്ഞു ഇത് പ്രവൃത്തരാകാൻ പറഞ്ഞ അക്കാദമിക സ്റ്റഡീസിൽ കൂടെ പ്രവൃത്തരാകാനല്ല ഇവരൊക്കെയാണ് പറയാനാണല്ലോ ഗുരുതരത്തിലെ അത് ഏറ്റവും വലിയ ഇതാണ് ഗുരു പറഞ്ഞത് അന്നത്തെ സാഹചര്യത്തിൽ ഗുരു മറ്റേ എന്താണ് നിങ്ങൾ ദർശനമാല പഠിക്കുന്നു ആത്മോദ്ദേശം പഠിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു ചോയ്സ് അവനതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പഠിക്കാം മറ്റങ്ങനെയല്ല മറ്റേ കമ്പൽസറിയാണ് അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തെന്താണ് കമ്പൽസറിയാണ് എന്തുകൊണ്ട് അവിടെ ഒന്ന് വേണോ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ വിദ്യാഭ്യാസം കമ്പൽസറി ആകുന്നതിന് മുമ്പ് ആണ് ഗുരു പറഞ്ഞത് നിങ്ങൾ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടിസ്ഥാന വിദ്യാഭ്യാസം നേടി വിദ്യാസമ്പന്നരായി അന്തസ്സായി ജീവിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ ജീവിക്കുമ്പോൾ അവന് സ്പിരിച്വലായി ജീവിക്കാം നമ്മളെപ്പോ വേണമെങ്കിൽ ആത്മോപദേശം ഒറ്റ പഠിക്കാം പക്ഷെ ആ പറഞ്ഞതിന്റെ ലക്ഷ്യം ആത്മോപദേശം പഠിക്കാൻ വേണ്ടി വിദ്യാഭ്യാസം ചെയ്യാനല്ല അങ്ങനെ തിരിച്ചാണ് പറയുന്നെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സന്യാസി പറയാൻ ഞാൻ അങ്ങേറ്റത്തെ വിവരദോഷിയെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഈ താഴ്ന്ന ദാരിദ്ര്യമുള്ളവരിൽ വിദ്യാര്ത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ തന്നെ സ്പോൺസർ ചെയ്ത് ഒരു സഹോദരനായപ്പോലും തന്റെ മുമ്പിൽ ഇരുന്ന വെള്ളി രൂപ എടുത്ത് കൊടുത്തിട്ട് പോയി പഠിക്കാൻ പറഞ്ഞു ആ സഹോദരൻ അയ്യപ്പം പഠിച്ചിട്ട് നല്ല ഒന്നാം തരം നിരീശ്വരവാദിയായി അതിൽ ഗുരുവിന് മുഖ്യമന്ത്രിയായ സി കേശുവിനോട് പറഞ്ഞ് പോയി എന്താണ് വക്കീൽ പഠിക്കാൻ പറഞ്ഞു അവര് പറഞ്ഞിട്ടാണ് പോയി പഠിച്ചത് അതൊക്കെ അവർക്ക് രാഷ്ട്രീയമായും ഭൗതികമായും അന്ന് അസമത്വങ്ങൾ പൊരുതുന്നതിനൊക്കെ ഭയങ്കര ഊർജവും ശക്തിയാവെടുത്ത വിദ്യാഭ്യാസം അപ്പോ അത് മൊത്തത്തിലെന്താണ് സോഷ്യൽ സ്റ്റാറ്റസ് മനുഷ്യന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തുന്നതിന് വേണ്ടിട്ടാണ് വിദ്യാഭ്യാസം ഇന്ത്യ കൊണ്ട് പ്രവുദ്രാവം പറഞ്ഞത് അല്ലാതെ ഈ വ്യാഖ്യാനങ്ങൾ വായിച്ച് പൊട്ടന്മാർ എഴുതി വെച്ചിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ വായിച്ചു സമയം കളയാനല്ലോ അത് പറയുന്ന പോലും കള്ളവാണ് അതിങ്ങോട്ട് എടുക്കട്ടും കള്ളവാണ് ഞാൻ നേട്ടം കേട്ടിട്ടുള്ള കേൾക്കുമ്പോ അറിയാം കള്ളവണം ഞാൻ ശരിയാണ് ചോദ്യത്തിന് അധസ്ഥിതരെ ഉയർത്തിക്കൊണ്ടു വേണേൽ എന്തൊക്കെയാണ് പിന്നെ എന്റെ ആവശ്യങ്ങൾ വായിക്കുന്നു വിദ്യാഭ്യാസം ഉണ്ടായ സമ്പത്തുണ്ടാവും വിദ്യാഭ്യാസം ഉണ്ടാവായാലും ഡീസന്റായ തൊഴിൽ ചെയ്യാൻ പറ്റും തൊഴിൽ ചെയ്യാൻ പറ്റിയാൽ അവൻ വ്യവസായമോ അല്ലെങ്കിൽ തൊഴിലോ ഏത് രംഗത്ത് ശോഭിക്കും അങ്ങനെ ഒരു സമ്പത്തുണ്ടാവും സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസോ ഇത് രാഷ്ട്രീയമായി ശോഭിക്കണമെങ്കിൽ പോയി വിദ്യാഭ്യാസം അതെല്ലാം കണ്ടുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഗുരു പറഞ്ഞതിന് ഇവിടെയുള്ള ഈ വിവരദോഷികൾ പൊട്ടൻ സ്വായമാര് എന്തൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് ജനങ്ങളെ തെരഞ്ഞെടുപ്പിക്കുന്നത് ഇപ്പൊ പഠനം ഇത് പറഞ്ഞിട്ടല്ലേ പുറത്തു പോയി വേറെ വേറെ പറയല്ലോ ഏഹ് ഇത് പഠിച്ചിട്ടാണ് പൊറത്ത് പോയി പറയുന്നത് എത്ര കാലം ഗുരു പറഞ്ഞിട്ട് എത്ര നൂറ് വർഷം കഴിഞ്ഞു വർഷം നൂറ്റമ്പതൊന്നും അറിയി പറയുന്നുണ്ട് ആ സമയം ആളൊച്ച പ്രസംഗം അപ്പൊ ഗുരുവിന്റെ സംഭാഷണങ്ങളെല്ലാം വളരെ എന്താണ് ഈ അടുത്തകാലത്തൊരാള് ഗുരു എന്താണ് നവോത്ഥാന നായനെന്ന് കേൾക്കും പറയുന്ന കേൾക്കുമ്പോ ഒരു സന്യാസി പറയുന്നത് അറപ്പാണെന്നൊരു അത് കേൾക്കുന്നത് പിന്നെ ഗുരു ആരായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോ ആ നവോത്ഥാന നായനെന്ന് കേൾക്കുന്നത് പറയുന്ന ആൾക്കാർ കഴിയുമ്പോൾ ഒരറപ്പാണ് എന്ന് വെച്ചാൽ ഇവരൊക്കെ പറയുന്ന എന്തെന്നറിയാ മനസ്സിലപ്പ് ഏഹ് ഇവരുടെയൊക്കെ മനസ്സിലെന്നുവെച്ചാൽ ഈ ജനങ്ങൾ മുഴുവൻ ഇവരുടെ വ്യാഖ്യാനം വായിക്കണം പുസ്തകം ചെലവാകണം അങ്ങനെ ജീവിക്കണം ഇതാണ് അവരുടെ ഇത് മനസ്സിലായോ എല്ലാവരും ഞങ്ങളുടെ വ്യാഖ്യാനം വായിക്കണം എന്താ എല്ലാവരും എന്ത് ചെയ്യണം ഞങ്ങളുടെ പുസ്തകം വിലക്ക് വാങ്ങണം അങ്ങനെ ഞങ്ങളുടെ ചെലവാണ് നോണം ആ വേണം എന്നുള്ളൊരു കാശുള്ളവര് വായിച്ചോട്ടെ വീട്ടിൽ കൊണ്ട് വയ്ക്കട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഗുരു നവോത്ഥാന നായകൻ അല്ലെന്നൊക്കെ സത്യത്തിന് വരുത്ത പിന്നെ എന്തിനൊക്കെ ഇവര് ഈ എഴുതുന്ന ആൾക്കാർക്ക് നമ്മളാ പുസ്തകങ്ങള് വായിക്കണെന്ന് ഭയങ്കര എന്നോട് രണ്ടു മൂന്ന് പ്രാവശ്യം മാസിക കൊണ്ട് തന്നു ന്യായ മൂലികളും കുറച്ചായും ഇത് അത് ഇങ്ങോട്ട് കൈത്തരുമ്പ ഞാൻ വായിച്ചെന്നു പറഞ്ഞു അതെന്തെന്ന് വെച്ചാല് അത് അതൊരു രോഗമാണ് രോഗത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് നമ്മളത് വളരെ സന്ദ്വനത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഒരു അസുഖത്തിന്റെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളതിനെ വരുന്ന രീതി കാണണ്ടെ സമാശ്വസിപ്പിച്ചുകൊടുക്കും ആൾക്കൊരു സമ്മാനം കിട്ടട്ടെ അല്ലെങ്കിൽ ആൾ അസ്വസ്ഥനാകും അതുകൊണ്ടാണ് രോഗത്തിന്റെ ഭാഗമാണ് ഇതെല്ലാ രോഗമായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നു വലിയ വലിയ പുസ്തകമെന്ന് പറഞ്ഞു തൂക്കേടായിരിക്കും എന്തായാലും എന്തായാലും ശരി ഈ പറയുന്ന വിദ്യാഭ്യാസം ഗുരു പറഞ്ഞിടത്തേക്ക് പോയി അത് ഗുരു പറഞ്ഞത് എന്താണോ ആ സോഷ്യൽ സ്റ്റാറ്റസ് മനുഷ്യന്റെ ഉയർത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ട് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ട് പറഞ്ഞാണ് അതുകൊണ്ട് ഗുണമുണ്ടായി ഇവര് ഈ പ്രസവങ്ങളൊക്കെ ആരും വായിക്കുന്നുണ്ട് ജനങ്ങള് വിദ്യാഭ്യാസം നേടി ജനങ്ങള് ഉയരുകയും ചെയ്തു അത് സംഭവിച്ചു അല്ലെ ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടാത്ത ആരെങ്കിലും ഇന്നുണ്ടാകും സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്റെ മക്കളെ ഞാൻ കൊട്ടാനും നല്ല നിലയിലേക്ക് കൊണ്ടുപോകും ഇന്നിപ്പോ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് വിദ്യാഭ്യാസം ഒന്നും അവര് ഇവരി പറയുന്ന ഇതൊക്കെ എന്താണ് ജീവിതത്തിന്റെ ഒരാൾക്ക് സൈഡ് ബിസിനസ് ആയിഷ്ട്ടൊക്കെ ചെയ്യാം അത് ദോഷമൊന്നുമില്ല പക്ഷെ അതിന് പ്രാധാന്യം കൊടുക്കുകയും അതാണ് എന്ന് പറയും ചെയ്യുന്നിടത്താണ് കുഴപ്പം അവിടെയാണ് പ്രശ്നം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നെന്താണ് അവകാശമായിട്ട് ഭരണഘടന അംഗീകരിച്ചിരിക്കുകയാണ് പ്രാഥമികമായ അവകാശങ്ങളിൽ പെട്ട ഒന്നാണ് ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതല്ല ഇത് ഇതിന് താല്പര്യമുള്ളവർക്ക് അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വതപ്രമാണം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പറഞ്ഞു എന്നാണ് ഈശ്വരൻ പറഞ്ഞത് കൊണ്ട് പറഞ്ഞാലതുകൊണ്ട് യാതൊരു പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ല കാരണം ഇത് ഈശ്വരൻ പറഞ്ഞത് മനുഷ്യനാണ് മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് അനുസരിച്ചാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പരസ്പര വിരുദ്ധമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഈശ്വരൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗുണോന്നുമില്ല പക്ഷേ ഇത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാവരും എല്ലാ വിഭാഗക്കാരിലും പുരോഹിതന് മേൽ കൈവിട്ടു അങ്ങനെ ഒരു ഗുണമാണ് അതാണ് പൗരോഹിത്യ ബുദ്ധി എന്ന് പറയുന്നത് ഭാരതം എന്ന് പറയുന്നത് ഇന്നും ഇന്ന് ഈ കാലഘട്ടത്തിൽ അടിമപ്പെട്ടിരിക്കുന്നത് പൗരോഹിത്യ ബുദ്ധിക്കാണ് മൊത്തം അതിന്റെ പുറകിലെ ചരട് വഴി എന്ന് പറയുന്നത് പൗരോഹിത്യ ബുദ്ധിയാണ് അത് പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നില്ല പിന്നെ ചരട് വലിക്കുന്നത് പുരോഹിതനാണ് എന്നും അവരുടെ ആശയധാരകളാണ് സമൂഹത്തിൽ പ്രചരിക്കുന്നൊണ്ട് മനസ്സിലാവുന്നില്ല ഇത് ഭാരതത്തിന്റെ മാത്രം പ്രശ്നമല്ല മതത്തിന്റെ സ്വാധീനമുള്ള എല്ലാ ഭാഗങ്ങൾക്കും അങ്ങനെയാണ് ആ മതത്തില് അതിന്റെ സ്വാധീനങ്ങളടുത്തെ അവരുടെ സ്വാധീനം വളരെ കൂടുതലാണ് ഇപ്പൊ ഇസ്ലാം മതത്തിന്റെ സ്വാധീനങ്ങളുടെ അടുത്ത് പറയാനില്ല അവരുടെ മത പൌരോഹിത്യമാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അവരൊക്കെ മാറി വരുന്നുണ്ട് അത് ശരിയാണ് മാറി വരുന്നുണ്ട് ഇന്ത്യയിലും മാറി വരുന്നുണ്ട് അത് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഇന്നും അതിന്റെ സ്വാധീനം വളരെ ശക്തമാണ് ആൾക്കാർ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് മാറി വരുന്നത് അതുകൊണ്ട് ഈ സ്വതപുരമാണോ എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ ഇന്ത്യയിലെ ആശയമാണ് ആർഷ സംസ്കാരത്തിന്റെ ഏറ്റവും അപകടകരമായ ആശയമാണ് ഈശ്വരം പറഞ്ഞെന്ന് പറയുന്നതും സ്വതപുറമാണ് ദൈവം പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുക ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുകയാണ് ും കാര്യങ്ങളും അതാണ് ഇവിടെ പറയുന്നത്